ഭുവനസുന്ദര ശൃവതാ തേ നിർവിശ്യ കർണവിവരീഹി ഹരതൂങ്കതാപം റൂപം ദൃശാ ദൃശിമതാമിളാർത്ഥലാഭം അച്ത്രപേ ഈ ശ്ലോകത്തിന് അർത്ഥം അറിയണമെങ്കിൽ കർഹിജി സർഗം നോക്കണം ഭഗവാൻ പറയുന്നു രുക്മിണിയോടെ രുക്മിണിയെ എന്നെ വിവാഹം കഴിച്ചുവല്ലോ ഞാൻ വന്നു നിഷ്കിഞ്ജനപ്രിയാവയം നിഷ്കിഞ്ജനന്മാരുടെ കൂടെ സാധുക്കളുടെ കൂടെ ഭിക്ഷാന്ദേഹികളുടെ കൂടെ നടക്കുന്ന സ്വഭാവത്തോടു കൂടിയായി എന്നെ വിവാഹം കഴിച്ചുവല്ലോ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു അവരെ ആരെങ്കിലും ഒക്കെ വിവാഹം കഴിക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഭഗവാൻ അല്പൊന്ന് രുക്മിണിയെ ഒന്ന് ചലിപ്പിക്കുമ്പോ രുക്മിണിദേവി പറഞ്ഞു ഭഗവാനെ ആരെങ്കിലും മനുഷ്യ പ്രിയം വെക്കുമോ ഞാൻ അങ്ങേ വെറു ഒരു ശരീരമാണെന്ന് കരുതിയിട്ടാണോ പ്രിയം വെച്ചത് ത്വക് ശ്മശ്രുമാംസരുതിര ആ ശ്ലോകം ഒരു ശ്ലോകമുണ്ട് അവിടെ പറഞ്ഞു ദേവി ത്വക്ക് മാംസം രുതിരം ശ്മശ്രു മീശ താടി ഒക്കെ കൂടിയിട്ടുള്ള ഒരു രൂപത്തിനെയാണോ ഞാൻ പ്രിയം വെച്ചത് എല്ലാവരുടെയും അന്തര്യാമിയായി സ്വസ്വരൂപമായി പ്രകാശിക്കുന്ന സത്യമായി അങ്ങയെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രിയം വെച്ചിരിക്കുന്നത് ഭുവനസുന്ദര എന്ന് ഭഗവാനെ വിളിക്കുന്നത് തന്നെ ആ ഭാവത്തിലാണ് സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നമ്മളുടെ മനസ്സുകൊണ്ടാണ് പുറത്തിങ്ങനെ അലഞ്ഞു നടക്കുന്നത് എവിടെങ്കിലും ഒരു സുന്ദരമായ വസ്തു കണ്ടാൽ മനസ്സവിടെ പോയി നിൽക്കും നാച്ചുറലാണ് മനസ്സിന് നമ്മൾ ഏകാഗ്രത കിട്ടണില്ലാ ധ്യാനിക്കണ്ടില്ലാന്നൊക്കെ പറയണമല്ലോ ലോകത്തില് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കുക എവിടെങ്കിലും സൗന്ദര്യം കണ്ടാൽ ഈ മനസ്സ് നല്ല കുട്ടിയായിട്ട് അവിടെ പോയി നിൽക്കും അനങ്ങാതെ നിക്കും നല്ല ധ്യാനത്തിൽ എന്താന്ന് വെച്ചാൽ സൗന്ദര്യം എന്തോ ചെയ്യുന്നു ഈ മനസ്സിനെ നാച്ചുറലായിട്ട് ഞാൻ ആ വസ്തുവിനെ മനസ്സ് വിടണമെങ്കിൽ ഒരറ്റ വഴിയേ ഉള്ളൂ പിടിച്ചു വലിച്ചിട്ട് കാര്യമില്ല അതിനെക്കാളും സുന്ദരമായ ഒരു വസ്തുവിനെ കാണിച്ചു ഇത് വിടും നാച്ചുറലായിട്ട് അതേ വഴിയുള്ളൂ അതാണ് സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്വപുഹു എന്ന് നാരായണീയത്തിൽ ഭട്ടതിരി പറഞ്ഞു ഭാഗവതത്തിൽ ഇവിടെ രുക്മിണിദേവി ഭുവനസുന്ദര എന്നൊക്കെ ഭഗവാനെ വിളിക്കാൻ കാരണം എല്ലാ സൗന്ദര്യവും ബാഹ്യ സൗന്ദര്യവും ഒക്കെ തന്നെ ആത്മാവിന്റെ സൗന്ദര്യത്തിന്റെ പ്രതിബിംബമാണ് എപ്പോ തന്നിൽ ഭഗവാന്റെ സൗന്ദര്യം കാണുന്നു അക്ഷരമണമാലും ഇതേപോലെ ഒരു പാട്ടുണ്ട് ഊർചുറ്റം വിടാതെ ഉന്ന കണ്ട് അടങ്കിട ഉൻ അഴകൈ കാട്ട് എൻ അരുണാചലി ചിത്രം വന്ന് ഉലകത്തെ പൂരാ ചുറ്റിന് അഴകു പാകണം ചുറ്ററത് അങ്ങേ അമർന്നും അതിലേ രമിച്ചിടും അപ്പൊ ഭഗവത് സൗന്ദര്യം കാണുമ്പോ ചിത്തത്തിന് വേറെ ഒരിടത്തും പോവാനില്ല ആ ഭഗവത് സൗന്ദര്യം എവിടെ കാണും അതാണ് രൂപം ദൃശാം അഖിലാർത്ഥലാഭം ദൃശിമതാം എന്ന് വെച്ചാൽ കാണുന്നവൻ കാണുന്നവർക്ക് എല്ലാ അർത്ഥലാഭവും ഉണ്ടാക്കുന്ന ഒരു ദർശനം ആ ദർശനം എന്താ എല്ലാ അർത്ഥലാഭം അതിനു അവർക്ക് വേറെ ഒന്നും കാണാൻ ആഗ്രഹമില്ല കേൾക്കാൻ ആഗ്രഹമില്ല അനുഭവിക്കാൻ ആഗ്രഹമില്ല അതെന്താ ദർശനത്തിന് തന്നെ ആശ്രയഭൂതമായിട്ടുള്ള അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ കണ്ണിന്നു കണ്ണായ കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണ് എല്ലാത്തിനും സാക്ഷിയായി സർവസാക്ഷിയായി അനുഭവസ്വരൂപമായി പ്രകാശിക്കുന്ന പ്രജ്ഞാനേത്രം വേദം തന്നെ പറയുന്ന വാക്ക് പ്രജ്ഞാനേത്രോവൈ ലോക ലോകം തന്നെ പ്രജ്ഞയാകുന്ന നേത്രം കൊണ്ടാണ് കാണപ്പെടുന്നത് അഹം എന്നുള്ള ആ അനുഭവത്തിനെയാണ് ഇവിടെ കണ്ണ് എന്ന് പറയുന്നത് ആ ഒരേ ഒരു പ്രകാശം കണ്ണിലൂടെ ദർശനമായിട്ടും ചെവിയിലൂടെ ശബ്ദമായിട്ടും മൂക്കിലൂടെ മണമായിട്ടും നാവിലൂടെ രുചിയായിട്ടും ത്വക്കിലൂടെ സ്പർശമായിട്ടും ഒക്കെ അനുഭവപ്പെടുന്നു നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് കണ്ണിലൂടെയും ചെവിയിലൂടെയും ഒക്കെ തന്നെ ഈ അന്തര്യാമിയുടെ ഒരു രസത്തിന്റെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് അത് കണ്ണിലൂടെ സൗന്ദര്യമായിട്ടും ചെവിയിലൂടെ മധുരശബ്ദമായിട്ടും മൂക്കിലൂടെ നല്ല സുഗന്ധമായിട്ടും നാവിലൂടെ രുചിയായിട്ടും ഒക്കെ തോന്നുമ്പോ പോയി പറ്റി പറ്റി പറ്റി പറ്റി പിടിക്കുകയാണ് നമ്മൾ വാസ്തവത്തിൽ സകല രസവും ഈ അന്തര്യാമിയിൽ നിന്നാണോ വരുന്നത് ഏ പായസത്തിലാണോ രസം പായസത്തിനെ മൈക്കില് തേച്ചാൽ മൈക്ക് രുചിക്കുവോ നാവില് തേക്കുമ്പോഴാണ് രുചിക്കുന്നത് അപ്പൊ നാവിലാണോ രസം നാവിനെ മുറിച്ച് പായസപാത്രത്തിൽ ഇട്ടാൽ രുചിക്കുവോ ഏ ശരീരത്തിൽ ഇരിക്കണം അപ്പൊ ജഡ ശരീരത്തിന്റെ നാവിൽ പായസം ഇട്ടാൽ രുചിക്കുവോ ജീവൻ ഉള്ളപ്പോഴേ രുചി എവിടുന്ന് വരുന്നു ജീവൻ എന്നാണ് വരണത് ലൈഫ് പ്രിൻസിപ്പിൾ നല്ല സംഗീതം ശവത്തിന്റെ മുമ്പിൽ പോയി പാടിയാൽ കേൾക്കുവോ എത്ര സംഗീതം ആസ്വദിക്കുന്ന ആളാണ് ആ ആസ്വാദന രസം എവിടുന്ന് വന്നു അന്തർയാമി നിന്ന് രാഗങ്ങളും എല്ലാം എവിടുന്ന് ഉണ്ടായി ഏതോ ഒരു മഹാത്മാ ഏതോ ഒരു ആള് കണ്ടുപിടിച്ചു അദ്ദേഹം എവിടുന്നു കണ്ടുപിടിച്ചു പുറത്തുനിന്ന് എവിടുന്നെങ്കിലും നേച്ചർന്ന് വന്നതാണോ അന്തർയാമീന്ന് വന്നു എല്ലാവടം ഉണ്ട് എവറി ഈസ് ദർ ഭാഗവതം എവിടുന്ന് എഴുതി വ്യാസൻ അന്തർയാമീന്ന് എഴുതി സമാധിചക്ഷുഷ നാരദൻ ഉപദേശിക്കുമ്പോ തന്നെ സമാധിനാനുസ്മര തദ്വിചേഷ്ഠിതം എല്ലാവടം ഉണ്ട് ഉപനിഷത്തുകളൊക്കെ എവിടുന്ന് വന്നു അന്തർയാമി നിന്നു അഹം നിങ്ങളിൽ നിന്ന് വന്നു നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നുമാണ് വന്നത് ഉപനിഷത്തൊക്കെ എന്റെ ഉള്ളിൽ നിന്നാണ് വന്നത് ഓരോരുത്തരുടെ ഉള്ളിലും എന്തോ ഒരു സത്തയുണ്ടല്ലോ അത് സാധാരണമായിട്ട് കരുതണ്ട അതിനേക്കാളും വലിയൊരു ട്രഷർ നിങ്ങൾ ഒരിടത്തും കണ്ടെത്താനേ പോകുന്നില്ല എത്ര ജന്മങ്ങൾ തെരഞ്ഞാലും ഒരിടത്തും കണ്ടാ കണ്ടെത്താൻ പോകുന്നില്ല പൂർണ്ണവസ്തു ഇവിടെ പ്രകാശിക്കും അഹമഹം അഹം അഖണ്ഡാന സ്വാമി വൃന്ദാവനത്തിൽ അദ്ദേഹത്തിന്റെ വലിയ ആശ്രമമുണ്ട് ഭാഗവതത്തില് ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം അദ്ദേഹത്തിന്റെയാണ് ഹിന്ദിയിൽ അനേക വോള്യൂംസ് ഭാഗവതം ദശമസ്കന്ധം മാത്രമായി ഏകാദശം മാത്രമായി അദ്ദേഹത്തിന്റെ ഗുരു വളരെ പ്രസിദ്ധനായ ഉഡിയാബാബ എന്ന് പറയും പൂർണാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് തന്റെ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു കൃതി എഴുതിയിട്ടുണ്ട് അതിൽ ഗുരുവൊന്നുമില്ല ഈ ദക്ഷിണാമൂർത്തി സ്ത്രോത്രം പോലെ തന്നെ അതിലൊരു ശ്ലോകത്തിൽ പറയുന്നു ഗുരു തനിക്ക് ഉപദേശിച്ചത് വൈകുണ്ഠക്കേനദൃഷ്ട്രവണപഥഗത സ്വപ്നവത് ഭാതി ചിത്തെ തദ്വൃത്തീന നിരോധ സഹജ സൈനവത്തത്രകോവാ പ്രമോദ പ്രാക് പ്രത്യഗ്ഭാവമുക്തം തതിദമഹമിതി ബ്രഹ്മപൂർണ്ണം നചാന്നയപൂർണാനന്ദോപദേശോ ദിശി വിദിശി സദാ മംഗളം എവിടെയോ ഒരു വൈകുണ്ഠമുണ്ട് എവിടെയോ ഒരു വൈകുണ്ഠത്തിലേക്ക് പോവാൻ പോകുന്നു അതിനാരു കണ്ടു അഥവാ എത്ര വർണ്ണിച്ചു തന്നാലും ഒരു ദർശനം പോലെ മുമ്പിൽ വന്നിട്ട് മറിഞ്ഞു പോകും യോഗികളൊക്കെ സമാധി അനുഭവിക്കണമല്ലോ സമാധിയോ തദ്വൃത്തിനാം നിരോധ ആ വൃത്തിരൂപ നിരോധരൂപത്തിലുള്ള സമാധി ഉണ്ടല്ലോ അതും സഹജശയനവ ദിവസം സുഷുപ്തിയിലുള്ള പോലെ സുഷുപ്തി വരുന്നതിൽ നമുക്കൊരു കൺട്രോളും അത് പോയും പോകുന്നു പ്രാപ്രത്യക്ഭാവമുക്തം ഒരു പാസ്റ്റില്ല ഫ്യൂച്ചർ ഇല്ല ഭിച്ഛിത്തി ഇല്ല ഒരിക്കലും നഷ്ടപ്പെടാതെ ഹം അഹം ഇതി ബ്രഹ്മപൂർണ്ണം നചാന്നയത് എപ്പോഴും അനുഭവത്തില് ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് ഹൃദയത്തിൽ സദാ പ്രകാശിക്കുന്ന സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപ ഓരോരുത്തരുടെ ഉള്ളിലും സത്താമാത്രമായി അഹമഹം അഹം എന്ന് അനുഭവിക്കുന്നതുണ്ടല്ലോ ബ്രഹ്മപൂർണ്ണം നചാന്നയത്ത് അത് പൂർണ്ണമായ ബ്രഹ്മമാണ് തത്വമസി ആ ഉപദേശം മംഗളം തേ ദിശീതു അത് വലിയ മംഗളത്തിനെ നമുക്ക് കടാക്ഷിച്ച് അനുഗ്രഹം ചെയ്യട്ടെ എന്നാണ് ആ മംഗളത്തിനെ നമുക്ക് തരട്ടെ മംഗളം വരണമെങ്കിൽ അവിടുന്നേ മംഗളം വരുള്ളൂ അതാണ് ഋഷിമതാമഖിലാർത്ഥലാഭം ഇനി ഒന്നും കാണാൻ ആഗ്രഹമില്ല എന്ന് വരണമെങ്കിലോ കാണുന്നവനെ കണ്ടാൽ പിന്നെ കാണുന്നതിലൊന്നും ആഗ്രഹം ഉണ്ടാവില്ല ഇനി ഒന്നും കേൾക്കാൻ ആഗ്രഹമില്ല എന്ന് എപ്പോ വരും എല്ലാത്തിനെയും കേൾക്കുന്നവൻ ഒരുത്തനുണ്ടല്ലോ അവനെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല നേതം യതി ഉപനിഷ് ഇതാണ് പറഞ്ഞത് ചക്ഷുഷന പശ്യതി ഏന ചക്ഷും ഏതുള്ളതുകൊണ്ട് കണ്ണുകൾ കാണപ്പെടുന്നതോ കാണപ്പെടുന്നുവോ ഏതിനെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലയോ തദ് ബ്രഹ്മ ഏനശ്രോത്രമിതകും ശ്രുതം ഏതൊന്നുള്ളതുകൊണ്ട് ചെവി കേൾക്കുന്നുവോ എൻ മനസാന മനുതേ ഏനാഹു മനോമതം തതേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിദുപാസത്തെ ഏതുള്ളതുകൊണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നുവോ അതാണ് ബ്രഹ്മം അതിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടൂ അല്ലാതെ നിങ്ങൾ ഈ ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമാവില്ല അതിന്റെ ശ്രദ്ധ അവിടെ ഇല്ലെങ്കിൽ ഉപാസനകളൊക്കെ പ്രിപ്പറേഷനാണ് ശ്രദ്ധ ഈ സത്യത്തിലേക്ക് പോകണം ശ്രദ്ധ സത്യത്തിലേക്ക് തിരിയണം ആ സത്യം എന്താ അഹമഹമെന്നുള്ള ഒരേ ഒരു ജ്യോതി ഒരു ഇരുട്ടുമുറിയിൽ ഒരു വിളക്ക് കൊളുത്തിവെച്ചു എന്നിട്ട് അഞ്ചു ദ്വാരമുള്ള ഒരു കുടം കൊണ്ട് ആ വിളക്കിനെ കമിഴ്ത്തി മൂടിയാൽ ഈ അഞ്ച് ദ്വാരങ്ങളിലൂടെയും ഒരേ ദീപത്തിന്റെ നാളം പുറത്തേക്ക് വരും ഓരോ ദ്വാരത്തിലും ട്രാൻസ്പെറന്റ് പേപ്പർ ഒന്നില് പച്ച കളറിലുള്ള പേപ്പർ ഒന്നില് ചുവന്ന പേപ്പർ ഒന്നില് നീല പേപ്പർ ഒന്നില് മഞ്ഞ പേപ്പർ ഒന്നില് കറുത്ത പേപ്പർ എന്ന് ഈ അഞ്ച് കളറിൽ പേപ്പർ ഒട്ടിച്ചാൽ ഒരേ ദീപം അഞ്ച് കളറിൽ പുറത്തു വരും എന്നിട്ട് എനിക്ക് ബ്ലൂ ലൈറ്റാണ് ഇഷ്ടം ചുവന്ന ലൈറ്റാണ് ഇഷ്ടം മഞ്ഞ ലൈറ്റാണ് ഇഷ്ടം നമുക്ക് ചണ്ട കൂടാം പക്ഷെ ഉള്ളത് ഒരേ ഒരു ദീപം അതേപോലെ അകമേയുള്ള ഒരേ ഒരു അനുഭവസ്വരൂപമായ പൂർണ്ണ വസ്തു ബ്രഹ്മം പരമാത്മാ കണ്ണിലൂടെ ദൃശ്യമായിട്ടും ചെവിയിലൂടെ ശബ്ദമായിട്ടും മൂക്കിലൂടെ മണമായിട്ടും നാവിലൂടെ രുചിയായിട്ടും വളരെ ശ്രദ്ധിക്കും ഇത് പറയുമ്പോ ചിലപ്പോഴൊക്കെ അറിയാതെ പറഞ്ഞു പോയിട്ട് കണ്ണിലൂടെ മണമായിട്ടും മൂക്കിലൂടെ ദർശനമായിട്ടുമൊക്കെ പറഞ്ഞു പോകും ഒരേ വസ്തു ഒരേ അനുഭവ സ്വരൂപമായ പ്രജ്ഞ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും പുറമേക്ക് വിസ്തരിക്കുമ്പോ വിസ്താരമാണ് വിസ്തരിക്കുമ്പോ നമുക്ക് പലതായിട്ട് അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ ദർശനം സ്പർശനം ശ്രവണമൊക്കെ ഒന്നു തന്നെ എല്ലാത്തിനും ഒരേ മൂലമാണ് ആ മൂലത്തിനെയാണ് ആചാര്യപാദർ അടുത്ത ശ്ലോകത്തിൽ അതേപോലെ ഉദാഹരണം പറഞ്ഞു പറയണത് നോക്കാം നാനാഛിദ്രഘടോദരസ്ഥിതമഹദീപ്രഭാവാസ്വരം ജ്ഞാനം യു ചുരാതികരണദ് ബഹിസ്പന്ദ ജാമീതി തമേവ ുഭാതി എത്തത് സമസ്തം ജഗത് തസ്മൈ ശ്രീഗുരുമൂർത്തമൂർത്തോദരസ്ഥീപ്രഭാഭസ്വരം എന്ന് വെച്ചാൽ കൊടം അതില് വെച്ചാൽ ദ്വാരം അപ്പൊ പറഞ്ഞല്ലോ അഞ്ച് ദ്വാരം അഞ്ചു ദ്വാരങ്ങളുള്ള ഒരു കൊടം ആ കൊടത്തിന്റെ ഉള്ളിലെ മഹാദീപ്രഭാഭാസ്വരം ഒരു മഹാദീപം എന്ന് നല്ല ഉജ്വലമായി ജ്വലിക്കുന്ന ഒരു വിളക്ക് പ്രകാശമാനമായ ഒരു വിളക്ക് ആ വിളക്ക് നാനാഛിദ്ര ഘടോദര ഘടത്തിന്റെ ഉദരം ഉദരം എന്ന് ഉൾഭാഗം ഉൾഭാഗത്തിൽ ഉള്ള ഈ വിളക്ക് നാനാചിദ്രഘടോദരസ്ഥിത മഹാദീപ്രഭാഭാസ്വരം ആ ഓരോ ദ്വാരത്തിലൂടെയും പുറത്തുവരുമ്പോ നമുക്ക് അനേക വിളക്കുകളുള്ള പോലെയും അനേക വിധത്തിലുള്ള പ്രകാശങ്ങളുള്ള പോലെയും തോന്നുന്ന പോലെ ഈ ശരീരത്തിന്റെ അകത്ത് ദേഹേ തഥാ ആത്മാസ്ഥിതഹ ഈ ദേഹത്തിനകത്ത് ഞാനുണ്ട് എന്നുള്ള ഒരു അനുഭവമുണ്ട് ജ്ഞാനം യസ്യതു ചക്ഷുരാധികരണദ്വാരാ ബഹിസ്പന്ദതെ ഒരേ ജ്ഞാനസ്വരൂപം ജ്ഞാനം എന്നുവെച്ചാൽ ഇവിടെ അന്തർയാമി ബോധം പ്രജ്ഞ എന്നൊക്കെ അർത്ഥം ആ ഒരേ ഒരു പ്രജ്ഞ ചക്ഷുരാധികരണദ്വാര ചുസ് മുതലായ കരണങ്ങളിലൂടെ കണ്ണ് ചെവി മൂക്ക് നാവ് മുതലായ കരണങ്ങളിലൂടെ ബഹിസ്പന്ദതയെന്നാണ് പുറമേക്ക് സ്പന്ദിക്കുന്നു സ്പന്ദനമാണ് എന്തോ ഒരു പ്രസരം നടന്നുകൊണ്ടേയിരിക്കണം നമുക്കറിയില്ല അതുകൊണ്ടാണ് നമ്മൾ എവിടെയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പോലും ആരെങ്കിലും ഒക്കെ പുറകെ വന്ന് നിന്ന് നമ്മളെ നോക്കിയാൽ നമ്മൾ കുറച്ച് സെൻസിറ്റീവ് അറിയാം ആരോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അറിയാം എന്തോന്ന് വന്ന് മേലെ സ്പർശിക്കും ഒരു സ്പന്ദനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും ഈ പ്രസരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബഹിസ്കന്ദത ഒരേ ഒരു പ്രകാശം ചെവിയിലൂടെയും കണ്ണിലൂടെയൊക്കെ ബഹിസ്പന്ദത ജാനാമീതി തമേവനുഭാതി ഏതത് സമസ്തം ജഗത് ജഗത്ത് മുഴുവൻ ഏതത് ജഗത് ഇതം ജഗത് ഈ ജഗത്ത് മുഴുവൻ സമസ്തം ജഗത് സമസ്തമായ ജഗത്ത് ജഗത്ത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അതാണ് जगत, അത്രയേ ഉള്ളൂ അല്ലാതെ അമേരിക്ക ആഫ്രിക്ക സൂര്യൻ ചന്ദ്രൻ ക്ഷീരാബ്ദി മിൽക്കി വേ എങ്ങനെയൊന്നും ഡെഫിനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ജഗത്ത് എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ ദൃശ്യം ദൃശ്യം വെച്ചാലോ കാണുക കേൾക്കുക മുടക്കുക രുചിക്കാം സ്പർശിക്കാം അഞ്ച് ഇന്ദ്രിയങ്ങളുള്ളത് കൊണ്ട് നമ്മളുടെ അനുഭവം പ്രപഞ്ചമായിട്ടിരിക്കുന്നു ചില പ്രാണികൾക്ക് ഇന്ദ്രിയങ്ങളുടെ അളവ് കൂടുകയോ കുറയോ ചെയ്യുന്നതനുസരിച്ച് അവരുടെ അനുഭവം മാറിക്കൊണ്ടേയിരിക്കും രണ്ട് ഇന്ദ്രിയങ്ങളെ ഉള്ളൂന്ന് വെച്ചാൽ അതുപോലെ ഇനിയിപ്പോ ഒരു ആറാമതൊരു ഇന്ദ്രിയം കിട്ടിയാൽ ചിലപ്പോ വേറെ വല്ലതും വരും അപ്പൊ ഇതം ജഗത് ഈ ജഗത്ത് മുഴുവൻ അതിന് ആശ്രയം എന്താ അനുഭവത്തിന് ആശ്രയം എന്താ ജാനാമീതി തമേവ ഭാന്തം അനുഭാതി ഏതത് സമസ്തം ജഗതി സമസ്തം ജഗത്തിനെ പ്രകാശിപ്പിക്കുന്ന ഒരു മഹാപ്രകാശം എന്താ അഹം ജാനാമി ഞാനുണ്ട് ഞാൻ അറിയുന്നു ഉണ്മയ്ക്ക് ഒരു സ്വരൂപം എന്താ ഞാൻ അറിയുന്നു ജഗത്തിനെ ഞാൻ അറിയുന്നു ജഗത്തിനെ മുഴുവൻ ഞാൻ കാണുന്നു അതാണ് ഒരു കുട്ടി ജനിക്കുന്ന സന്ദർഭമുണ്ടല്ലോ ചിത്തിന്റെ അനുഭവമാണത് അത് ജനിച്ചോടനെ പ്രപഞ്ചത്തിന് മുഴുവൻ കാണുന്നു ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഒക്കെ മുഴുവൻ കാണുന്നു ഉള്ളിലേക്ക് പോകുമ്പോ ലയിച്ചു ഉറങ്ങാൻ പോകുമ്പോ ശിവദർശനം സൃഷ്ടി ആരംഭിക്കുമ്പോ ബ്രഹ്മാവിന്റെ ദർശനം ഇപ്പോ രാവിലെ എണീക്കുമ്പോ പകൽ മുഴുവൻ വിഷ്ണു സ്ഥിതി നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഇത് മുഴുവനുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സൃഷ്ടി ആരംഭിച്ചു ബ്രഹ്മാരത്തിൽ മുഴുവൻ വിഷ്ണു ഉറങ്ങാൻ പോകുമ്പോൾ സംഹാരം വീണ്ടും പിന്നോട്ട് വലിക്കുക ൻ ഈ സമസ്തം ജഗത്ത് ഈ സമസ്തം ജഗത്തിനെയും ആരറിയുന്നു ജാഗ്രത് സ്വപ്ന സുഷുപ്തീനാം സാക്ഷിഭൂത്യൈനമോണമ ഇതിന് മുഴുവൻ സാക്ഷിയായിട്ട് നിൽക്കുന്ന വസ്തു നമ്മളുടെ ഒക്കെ അന്തര്യാമിയായി എന്നുള്ള അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നു ജാനാമീതി അഹമസ്മി ഞാൻ അഹം ജാനാമി ആ അനുഭവത്തിനെ അനുഭാതി എന്നാണ് അത് പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയൊക്കെ പ്രകാശിക്കണം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയാ ഇതിന്റെ പ്രകാശം കൊണ്ട് അനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ ഭഗവാനേ ഹേ ദക്ഷിണാമൂർത്തി ആ അറിവിനൊക്കെ ആശ്രയഭൂതമായ അറിവുണ്ടല്ലോ ആ അറിവിൽ എന്റെ ശ്രദ്ധയെ പതിപ്പിക്കുക പുറത്തുകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കയാണ് വി ആർ ട്രൈ ടു എസ്കേപ്പ് ഫൈൻഡ് ട്രൂത്ത് എവിടെയോ പുറത്ത് രമണ ഭഗവാന്റെ അടുത്തൊരു ചിമ്മനി ഉണ്ടായിരുന്നു വിളക്ക് വെക്കാനുള്ള ചിമ്മനി ആ ചിമ്മനിക്ക് മുമ്പിൽ ഗ്ലാസ് കേസ് മേലെ മൂടിയിട്ടുണ്ടാവും ചുവട്ടിലെ നാച്ചുറൽ ടെൻഡൻസി എന്താണ് മേലോട്ട് പറക്കാനാണ് അത് കടന്ന ദ്വാരത്തിന് കളഞ്ഞു പാവും അത് പുറത്തേക്ക് വരാനായി ചിറകിട്ട് അടിച്ച് വിഷമിക്കും മഹർഷി ചിമ്മണി എടുത്ത് കാണിച്ചിട്ട് ഈ കുരുവിയെ കാണിച്ചിട്ട് പറഞ്ഞു നമ്മളൊക്കെ ഇതുപോലെയാണ് ഏത് ദ്വാരത്തിലൂടെ ഉള്ളിൽ വന്നു എന്നുള്ളത് മറന്നു എന്നിട്ട് ഇല്ലാത്ത ദ്വാരത്തിലൂടെ പുറത്തു കിടക്കാൻ ശ്രമിക്കാം ആ ദ്വാരമില്ല ആ ദ്വാരത്തിലൂടെ പുറത്തു കിടക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ പറ്റും നമ്മൾ ഈ ഇല്ലാത്ത ദ്വാരത്തിലൂടെ ചെവി കണ്ണ് മൂക്ക് ഈ ദ്വാരത്തിലൂടെയൊക്കെ പുറത്ത് കിടക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് പക്ഷെ റിയലായിട്ട് വാസ്തവത്തിൽ ഉള്ള ദ്വാരത്തിനെ മറന്നു കളഞ്ഞു ഏത് ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് വന്നു ആ ദ്വാരത്തിലൂടെ തന്നെ പുറത്തു പോവാം അത് മറന്നുകടന്നു ഈ പക്ഷിക്കിപ്പോ താൻ ഉള്ളിലേക്ക് കടന്ന ദ്വാരത്തിലൂടെ തന്നെ ശ്രമിച്ചാൽ പുറത്തേക്ക് വരാം ഉള്ളിലേക്ക് കടന്ന ദ്വാരമേതാ സുഷുപ്തി അവസ്ഥയിൽ ഏതോ ഒരു മുഴുവൻ പോകുന്നു രാവിലെ ഓണമെന്ന് എഴുന്നേൽക്കുമ്പോ ഏതോ ഒരു ദ്വാരത്തിന് സകലതും ആ ദ്വാരമാണ് കണ്ടുപിടിക്കേണ്ടത് ആ ദ്വാരത്തിനെ ശ്രദ്ധിക്കാതെ കണ്ണു നിന്നുള്ള ദ്വാരം ചെവി എന്നുള്ള ദ്വാരം ഈ ദ്വാരത്തിലൂടെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നമ്മൾ പറ്റണേയില്ല ഈ കുരുവിയെ പോലെ അവസാനം ഫ്രസ്ട്രേഷനാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചിരണം അതാ ചോട്ടിലെ ദ്വാരമുണ്ട് ഈ വഴിക്ക് വരൂ വരാൻ പിടിച്ചു വലിക്കാം അപ്പോൾ അഹം നമ്മളുടെ സെന്റർ നമ്മളുടെ സർവപൂർണതയ്ക്കുമുള്ള സെന്റർ കേന്ദ്രം പ്രപഞ്ചത്തിൽ പുറത്തെവിടെയല്ല സകല അനുഭവത്തിന്റെയും അനുഭവി അനുഭവിക്കുന്നവൻ അറിവ് ആ ഒരു മഹസ് അത് നമ്മളിൽ എന്നിൽ സെന്ററായിട്ടാണ് ഉണർവായിട്ട് അവബോധമായിട്ട് പ്രകാശിക്കണം ആ അവബോധം അവിടെ ഉള്ളതുകൊണ്ടാണ് ബാക്കി എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളും മറ്റും ഒക്കെ നടക്കുന്നത് ആ ഒരേ ഒരു ലൈറ്റ് ബാക്കിയുള്ളതിലൊക്കെ കാണുന്നു ആ ഒരേ ഒരു വെളിച്ചം നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപ്രഭാഭാസ്വരം ജ്ഞാനം ചുരാധികം ചുരാധിക നമ്മൾക്ക് നമ്മളൊക്കെ അനുഭവിക്കുന്നത് ജ്ഞാനത്തിന് തന്നെയാണ് നമുക്ക് ജ്ഞാനം ജ്ഞാനം എന്ന് പറയുമ്പോൾ ഉടനെ തെറ്റിദ്ധാരണ വരുന്നത് അറിവ് പുസ്തകജ്ഞാനം എന്നാണ് ാച്ചുറൽ ആയിട്ടുള്ള ജ്ഞാനം നമ്മളുടെ സ്വരൂപമാണ് ആ ജ്ഞാനം നമുക്കിപ്പോ ഡിസിപ്പേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ചക്ഷുരാധികരണദ്വാര ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കുമ്പോ അടുത്തുകൂടെ ആരെങ്കിലും പോയാൽ ശ്രദ്ധ അതിലേക്ക് പതറും അതാണ് ഡിസിപ്പേഷൻ ബഹിസ്പന്ദത ചക്ഷുരാധികരണദ്വാര ഓരോ കരണങ്ങളിലൂടെയും തുളുമ്പിക്കൊണ്ടിരിക്കണു അത് പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരേ വീണു വണങ്ങിയോതിടേണം അറിവും അറിഞ്ഞിടുന്നവൻ തൻ പൊരുളും അർത്ഥവും പുമാന്തനറിവും ഒരാദിമഹസ്സുമാത്രമാകും ഒരേ ഒരു ഒരേ പ്രകാശം ഒരേ വസ്തുവാണ് അറിവ് അതെ അറിവില് അഞ്ചു രൂപത്തിൽ പിരിഞ്ഞു കാടുന്ന അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചുമുള്ളടയ്ക്ക് തെരുതെരെ വീണു വണങ്ങി പോതിടയാണ് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഒരേ അറിവാണ് ഉജ്വലിക്കുന്നത് പ്രകാശിക്ക അകമേക്ക് ഉജ്വലിക്കുന്നത് പുറമേക്ക് പ്രപഞ്ചാകാരമായിട്ട് പ്രകാശിക്കുന്നു ആ പുറമേക്കുള്ളതിനെ മുഴുവൻ അന്തർമുഖമാക്കി ധ്യാനം എന്ന് വെച്ചാൽ തന്നെ അതാണല്ലോ ആത്മധ്യാനം ആത്മവിചാരം എന്ന് വെച്ചാൽ തന്നെ എന്താ സർവേന്ദ്രിയങ്ങളിലൂടെയും പുറമേക്ക് പോകുന്ന എനർജി പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് കൺസേർവ് ആവാനുണ്ട് ശ്രദ്ധയെ എന്ത് ചെയ്യുന്നു ശ്രദ്ധയെ ശ്രദ്ധയിൽ ശ്രദ്ധിപ്പിക്കുന്നു ശ്രദ്ധ എന്ന് പറയുന്നത് തന്നെ എന്താ അഹംസ്ഫൂർത്തിയുടെ ഒരു ബഹിസ്ഫുരണമാണ് ഇപ്പൊ നമ്മള് പതുക്കെ പതുക്കെ ഈ കുരുവി വന്ന ദ്വാരം അന്വേഷിക്കണ പോലെ സമയം കിട്ടുമ്പോഴൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ശ്രദ്ധിക്കാം ഈ ശരീരത്തിനകത്തിരുന്ന് കണ്ണിലൂടെ ആരാണ് കാണുന്നത് കണ്ണു തുറന്നാൽ കാണുന്നു കണ്ണടച്ചാൽ പോയി ചെവിയിലൂടെ ആരാണ് ഈ ശ്രദ്ധം കേൾക്കുന്നത് മൂക്കിലൂടെ ആരാ മണക്കുന്നതും നാവിലൂടെ ആരാ രുചിക്കണതും ഈ ആത്മവിചാരം എന്ന് പറയുന്നത് തന്നെ വി ഫ്രം വേരിയസ് ഡയമെൻഷൻസ് ത്വക്കിലൂടെ ആരാണ് സ്പർശിക്കുന്നത് ഇതിനകത്ത് ആരോ ഒരാളുണ്ടല്ലോ ഈ ശരീരത്തിനകത്ത് ഇതേ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രസൻസ് ഉണ്ടല്ലോ അതിനെന്താവും ഈ ശരീരത്തിനെ കൊണ്ടുപോയി ശ്മശാനത്ത് കൊണ്ട് എരിച്ചു കളയുന്നു എരിച്ചു കളഞ്ഞാൽ എനിക്ക് ചുടുവോ പൊള്ളുവോ നമ്മളുടെ ശരീരം തന്നെ കൊണ്ടുപോയി എരിച്ചു കുറച്ച് പതുക്കെ തീ എനിക്ക് ചുടണോ പറയൂ മകന്റെ അടുത്ത് ഒന്നും അറിയില്ല വെറും അരക്കെട്ടയിൽ എരിച്ചു പോലെ എരിച്ചു ഇപ്പോ ഇത്തിരി ഒരു കൊതുക് വേദനിക്കുന്നു ആർക്ക് ഹൂസ് റെസ്പോണ്ടിങ് reacting അങ്ങനെ ഉള്ളിൽ ഇടിച്ചുകൊണ്ടേ ഓരോ സ്റ്റെപ്പായിട്ട് ഫിസിക്കലി ഇങ്ങനെ പല രീതിയിലും ഞാനാരോ എന്ന് വെച്ചാൽ ആ ഞാനാരുന്ന് തന്നെ വിചാരിക്കണമെന്നില്ല ഇങ്ങനെയൊക്കെ രാത്രി ഉറങ്ങുമ്പോ ഞാൻ ശരീരം വെറുതെ കിടത്തുന്നു അപ്പൊ ആരാ ഉണർന്നിരുന്ന് സ്വപ്നമൊക്കെ കാണുന്നുവല്ലോ ഉള്ളില് ആരോ ഒരാള് അപ്പോഴും ഉണർന്നിരുന്ന് ഞാൻ മിണ്ടാതെ കിടക്കുമ്പോഴും ഉണർന്നിരുന്ന് ഞാൻ ഉറങ്ങുമ്പോ ഏതോ ഒരാൾ ഉണർന്നിരിക്കുന്നു കാമം കാമം പുരുഷോ നിർമ്മിമാണ തദേ ശുക്ര ബ്രഹ്മ തദേ അമൃതമുച്യത്തെ തസ്ലോകാ ശ്രിതേ തതുേതി കശന ഏതത്വ തച്ചേതസ് ചോദിച്ചു യമധർമ്മനോട് ഭഗവാനെ എന്താണ് അത് ആ ബ്രഹ്മം ഏതാണ് കുഞ്ഞേ ആദ്യം പറഞ്ഞു കുഞ്ഞേ ശരീരത്തിൽ ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ മൈഥുനാന് ഏതേനാതി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈതാദ്യം പറഞ്ഞു ഇത് തന്നെ അത് ഏത് ഏതൊന്നുള്ളപ്പോ രൂപം കാണുന്നു രസം അനുഭവിക്കുന്നു സ്പർശിക്കുന്നു ഭോഗമൊക്കെ അനുഭവിക്കുന്നു ആ ഒരു ഉണർവുണ്ടല്ലോ അത് പിന്നെയും അടുത്ത സ്റ്റെപ്പ് കുറച്ചുകൂടെ സൂക്ഷ്മമായി ശരീരത്തിലെ കണക്ടഡായിട്ടാണല്ലോ ഇതൊക്കെ പറഞ്ഞത് അടുത്ത സ്റ്റെപ്പ് മനസ്സിനെ മാത്രം വെച്ചുകൊണ്ട് പറഞ്ഞു യസ്വപ്തേഷു ജാഗ്ര ശരീരം നിശ്ചലമായിട്ട് കിടക്കുമ്പോഴും ആരോ ഒരാൾ ഉണർന്നിരിക്കുന്നുവല്ലോ കാമം കാമം പുരുഷോ നിർമ്മിമാണ അതേ അനേക സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അനേക ദർശനങ്ങൾ കണ്ടുകൊണ്ട് അനേക അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് തദേവ ശുക്രം അല്പം പോലും കുറയ്ക്കാതെ പിശുക്ക് കാണിക്കാതെ യമൻ പറഞ്ഞു കുഞ്ഞെ നീ ചോദിക്കുന്ന ബ്രഹ്മമുണ്ടല്ലോ അത് തന്നെ തദേവ ശുക്രം തദ് തദേവ അമൃതമുച്ചതേ ആ കാണുന്നവനുണ്ടല്ലോ അവൻ അമൃതമാണ് തസ്മിൻ ലോകാഹാശ്രിതാ സർവേ സകല ലോകങ്ങളും പതിനാല് ലോകങ്ങളും അതിലെ ആശ്രയിച്ചിരിക്കും േ ദൻ അതിനെ ആർക്കും കടന്നു പോകാൻ എന്നാണ് സാ അടുത്ത സ്റ്റെപ്പ് എന്താ അപ്പൊ മനസ്സിനെ ആശ്രയിച്ചു പറഞ്ഞു കൊടുത്തു അടുത്ത സ്റ്റെപ്പ് എന്താ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോ ഒന്നും കാണാതിരിക്കുമ്പോഴും ഏതൊന്ന് ഞാൻ സുഖമായി ഇരുന്നു എന്ന് പറഞ്ഞു കുഞ്ഞെ അതാണ് ബ്രഹ്മം അതാണ് എന്തറിയാമി ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ പുറത്ത് നിന്ന് അകത്തേക്ക് പോണം ഏതെങ്കിലും വിധത്തിൽ അതിനൊക്കെ ഓരോ വഴിയാണ് ഈ ജപം ധ്യാനം ഒക്കെ പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ എല്ലാം മതം എന്ന് വെച്ചാൽ നമ്മളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഒരേ ഒരു പ്രയോജനമേ ഉള്ളൂ ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ സകല ദുഃഖത്തിനും കാരണം ബാഹ്യ പദാർത്ഥങ്ങളും പുറം വിഷയങ്ങളും സത്യമാണെന്നോ അതിന് സുഖം കിട്ടുന്നുള്ള ഭ്രമമാണ് ഇതെങ്ങനെങ്കിലുമൊക്കെ മാറ്റി ഭഗവാനെ നമുക്ക് കാണിച്ചു തരണം എന്ന് കരുണയോട് ഋഷികൾ പല ആചാരങ്ങളുണ്ടാക്കി വെച്ചു നമ്മൾ ആചാരങ്ങളുടെ പേര് പറഞ്ഞു എന്തൊക്കെയോ കാണിച്ചു കൊണ്ടിട്ടുണ്ട് അതിലും ജടിലുമായി കുടുങ്ങിപ്പോകുന്നു പതുക്കെ പതുക്കെ പതുക്കെ ഓരോന്നിന്റെയും ഉദ്ദേശം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാം അതാണ് എല്ലാ പൂജയും ചെയ്ത് മാനസപൂജ ചെയ്യും മാനസപൂജയുടെ അവസാന ആത്മാം ഗിരിജാമതി സഹചര പ്രാണ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്ത്രോണി സർവാഗിരോ എകർമ്മ കത്തദിളം ശമ്പോദവാരാധനം എല്ലാത്തിനും ആ സെന്ററിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ആ സെന്ററിലാണ് നമ്മളുടെ മുക്കാൽ ഭാഗം ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമൊക്കെ കാൽഭാഗം ആ മുക്കാൽ ഭാഗത്തിനെ അവിടെ കണ്ടാൽ ഈ കാൽഭാഗം അതിലടങ്ങി അപ്പൊ അത് പൂർണ്ണമാണ് പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവ ഈ കാണുന്ന വിശ്വം മുഴുവനും ഒരു പാദമാണെന്ന് മൂന്ന് പാദം അടങ്ങിക്കിടക്കണം എവിടെ ആ അനുഭവമണ്ഡലത്ത് അന്തർഹൃദയത്തിലോ അപ്പോ ശ്രദ്ധയെ ജഡത്തിൽ നിന്നും ചൈതന്യത്തിലേക്ക് ഇതം എന്നുള്ളതിൽ നിന്നും അഹത്തിലേക്ക് ആ അഹം എന്നുള്ള ഒരേ ഒരു ജ്യോതിസാണ് നമ്മളുടെ ശരീരമാവുന്ന കൊടത്തില് നാനാദ്വാരങ്ങളിലൂടെ പ്രകാശിക്കുന്നത് നന്ദവനത്തിലൊരാണ്ടി അവൻ നാലാറുമാതമായി കുയവനൈ വേണ്ടി കൊണ്ടുവന്നാണോ ദ്വാരത്തെയോ കുടത്തെയോ പാട്ടേക്കൂടാതി നാനാഛിദ്രഘടോദരസ്ഥിതമഹീപ്രഭാവാസ്വരം ജ്ഞാനം യു ചക്ഷുരാതികരണത് ബഹിസ്പന്താമീതി തമേവാന്തനുഭാതി എത്തത് സമസ്തം ജഗത് श्री श्री देहं अपिचलां ീഗുരുമൂർത്തമൈതം ശ്രീദക്ഷിമൂർത്തേഹം പ്രാണമപീന്ദ്രി അപ്പിച്ചു ചൂന്യം വിദു സ്ത്രീ ബാന്ധജോപമാതു അഹം തി ഭൃശംവാദി മായാശക്തിവിളസൽപ്പതമഹാവോഹസംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തമൈതും ശ്രീദക്ഷിമൂർത്ത അറിവില്ലാത്ത മഠയന്മാര് ദേഹം പ്രാണം അഭി ഇന്ദ്രിയാണി അഭി ചലാം ബുദ്ധിം ചൂന്യം വിദുഹൂ അഹമിതി വിദുഹൂ ദേഹത്തിനെയോ ചിലര് ദേഹമാണ് ഞാൻ എന്ന് ധരിച്ചിരിക്കുന്നു ചിലര് അല്പ അകത്തുപോയി പ്രാണനാണെന്ന് ധരിച്ചിരിക്കുന്നു ചിലര് ഇന്ദ്രിയങ്ങളിലൊക്കെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു ചലാംബുദ്ധി ചലിച്ചുകൊണ്ടേ ഇരിക്കുന്ന ചിപ്തത്തിനെ ചിലർ ആത്മാ അഥവാ അന്തര്യാമി എന്ന് ധരിക്കുന്നു ചിലർ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ശൂന്യവാദം ഒന്നുമില്ല ശൂന്യം നത്തിങ്സ് വാക്യൂംനെസ് അശൂന്യമാണ് പരമാർത്ഥതത്വം എന്ന് ഭാവിക്കുന്നു ഭ്രാന്താഹ എന്നാണ് ഇവരൊക്കെ ഭ്രാന്താഹ ഭ്രമത്തിന് ടിമപ്പെട്ടവരാണ് ഇവരൊക്കെ വാദിന വൃഷംവാദിന പലതരത്തിൽ വീണ്ടും വീണ്ടും അവരോരോ വാദങ്ങൾ ഉണ്ടാക്കുകയാണ് ദേഹമാണ് പ്രാണനാണ് ഇന്ദ്രിയങ്ങളാണ് ബുദ്ധിയാണ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഭ്രമം ഉണ്ടാവാൻ കാരണം എന്താ മായാശക്തി വിലാസം അതിൽ നിന്നൊരു വ്യാമോഹം വ്യാമോഹം എന്ന് വച്ചാൽ വിപരീത കൽപ്പനയാണ് കയറിനെ പാമ്പെന്ന് കരുതുന്ന പോലെ സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതുക അസത്തിനെ സത്തെന്നുള്ള ഭ്രമം ദേഹത്തിനെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളെയുമൊക്കെ സത്താണെന്നുള്ള ഭ്രമം അതുകൊണ്ട് എന്തു വന്നുപോയി ശ്രദ്ധിക്കണില്ല വസ്തുവിനെ ശ്രദ്ധിക്കണില്ല മായാശക്തിവിലാസ കൽപ്പിത മഹാവ്യാമോഹ സംഹാരിനെ ഈ മോഹത്തിനെ എങ്ങനെ ഇല്ലാതാക്കാം സദ്ഗുരു കൃപ എപ്പൊ പ്രകാശിക്കുന്നു സദ്ഗുരു കൃപ കൃപ അഞ്ജന പായോ മേരെ ബായി കബീർദാസിന്റെ ഒരു പാട്ട് എല്ലാരും പാടുന്നുണ്ടല്ലോ ആ അഞ്ചനം കണ്ണില് തേക്കണം ഭാഗവതത്തിലുള്ള വാക്കാണത് അഞ്ച ചക്ഷുറിയത അഞ്ജന സംപ്രയുക്തം എന്നാണ് കണ്ണിൽ അഞ്ജനം തേച്ചു കഴിഞ്ഞാൽ ഭൂമിയിലിരിക്കുന്ന സ്വർണം കാണപ്പെടുന്ന പോലെ ഈ ജ്ഞാനമാവുന്ന അഞ്ജനം വന്നാൽ സത്തിനെ ശ്രദ്ധിക്കും അസ്തിത്വത്തിനെ ശ്രദ്ധിക്കും അപ്പോ അസത്ത് താനല്ല എന്നുള്ളത് സുവ്യക്തമായിട്ട് അറിയപ്പെടും വ്യാമോഹം അപ്പൊ തന്നെ ഇല്ലാതാവും തസ്മൈ ശ്രീ ഗുരുമൂർത്തയേനവുതം ശ്രീ ദക്ഷിണാമൂർത്തയേ ആ ജ്ഞാനപ്രകാശം ഉണ്ടാവാനായിട്ട് സ്വരൂപത്തിനെ ശ്രദ്ധിക്കാനായിട്ട് അനുഗ്രഹം ചെയ്യാനായിട്ട് ആ നമസ്കാരം